ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചയും നമുക്കൊന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് ദൈവം തന്ന ഈ അവസരത്തെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്ക് ഈ ആഴ്ചയും സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം തുടക്കത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നോക്കാം നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നാൽപ്പത്തൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീദ് ഇവിടെ പറയുന്നത് ഞാൻ നിനക്കെന്നിൽ പ്രസാദമുണ്ടെന്ന് എങ്ങനെയറിയും എൻ്റെ ശത്രു എന്നെക്കുറിച്ച് ജയഘോഷം കൊള്ളാതിരുന്നാൽ അതാണ് നിനക്കെന്നിൽ പ്രസാദമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ ശത്രു ദാവീദ് ഇവിടെ ശത്രു എന്ന് പറയുമ്പോൾ തന്നെ ഈ സങ്കീർത്തനം രചിച്ച പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായാൽ ആ കാര്യം വ്യക്തമാകും രണ്ട് ചുമയിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളിലാണ് ദാവീദ് ഈ സങ്കീർത്തനം രചിക്കാനിടയായതിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുന്നത് അതായത് താന് തൻ്റെ മകൻ അബ്ശാലൂമും തൻ്റെ മന്ത്രിയായിരുന്ന അഹീദ് ഫേലും അവരൊന്നിച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി ദാവീദിൻ്റെ രാജ്യത്വത്തിനെതിരെ ആ നിലയിലൊരു മത്സരം കൊണ്ടുവരുന്ന ഭാഗവും അവസാന യുദ്ധത്തിൽ അബ്ശാലോം കൊല്ലപ്പെടുന്നതുമൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത് എന്താ അവിടെ അബ്ശാലോമിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിൻ്റെ മകൻ അബ്ശാലോം തൻ്റെ ഒരു സഹോദരനെ കൊലപ്പെടുത്തി നാട് വിട്ടുപോയി അങ്ങനെ ദൂരദേശത്ത് കഴിയുമ്പോൾ ദാവീദ് അവനോട് കരുണ തോന്നി തിരിച്ചു കൊണ്ടുവരികയും അവിടെ ഏരിശലേമിൽ അവന് താമസിക്കാനായിട്ട് സൗകര്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ അപ്ശാലും ക്രമേണ പലരെയും തൻ്റെ പക്ഷത്തേക്ക് പിടിച്ച് അങ്ങനെ ദാവീദിനെതിരെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ദാവീദിൻ്റെ രാജ്യത്വത്തെ തകിടം മറിച്ച് താന് രാജാവാകാൻ ശ്രമിക്കുന്നതും അങ്ങനെയൊരു കൊട്ടാര വിപ്ലവം നടക്കുന്നതിൻ്റെ നേർ ചിത്രമാണ് രണ്ട് ചെമുകയിൽ പതിനഞ്ച് അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പക്ഷേ ഇവിടെ ദാവീദിൻ്റെ മന്ത്രിയായിരുന്ന ദാവീദിൻ്റെ മന്ത്രിയായിരുന്ന അഹീദ് ഓഫേലും അബ്ഷാലോമിൻ്റെ പക്ഷം ചേർന്ന് ദാവീദിനെ കൊലപ്പെടുത്താനും ദാവീദിനെ നശിപ്പിക്കാനും ഉള്ള ആലോചനകൾ അബ്ഷാലോമിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ ഈ പശ്ചാത്തലത്തിലായിരിക്കും അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മളിപ്പോൾ വായിച്ച നാൽപ്പത്തൊന്നാം സങ്കീർത്തനം പതിനൊന്നിൻ്റെ മുകളിലെ നാൽപ്പത്തൊന്നാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കും നോക്കുക അവിടെ പറയുന്നത് എൻ്റെ പ്രാണസ്നേഹിതൻ ഞാൻ അവനെ വിശ്വസിച്ചു എൻ്റെ അപ്പം തിന്നു അവൻ തരം പാർത്തിരുന്ന് തക്ക സമയത്ത് എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു ഇതേ നിലയിലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ദാവീദിൻ്റെ തന്നെ മറ്റൊരു സങ്കീർത്തനമായ അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്നെ നിന്നിച്ചത് ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ പമ്പ് പറഞ്ഞത് എന്നെ പായിക്കുന്നവനല്ല നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു നോക്കുക വളരെ അടുത്ത് സഹകരിക്കുകയും അടുത്ത് പെരുമാറുകയും ഒരു സംശയമില്ലാത്തവണ്ണം സ്നേഹത്തോടെ ആയിരിക്കുകയും ചെയ്ത പ്രാണസ്നേഹിതൻ എന്ന് പറയാവുന്ന ആള് സ്വന്തം മകൻ സ്വന്തം മന്ത്രി അവർ ദാവീദിന് നേരെ കുതികാലുയർത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു ആ രംഗത്ത് ദാവീദ് പറയുന്നു എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കണം അതായത് താനെ പറയുന്നത് മൈ എനിമി ഡസ് നോട്ട് ഷൗട്ട് ഇൻ ട്രയം ഫോർ മീ അവൻ ജയഘോഷം എന്നെക്കുറിച്ച് കൊള്ളാനിടയാകരുത് അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് എന്നിൽ പ്രസാദമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും സങ്കീർ സങ്കീർത്തനത്തിലെ ദാവീദ് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭാഗം ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അബ്ശാലോമോ അഹീദോഫയിലുമാണ് അവൻ്റെ നേരെ കുതികാലുയർത്തിയതെങ്കിൽ പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു ഇങ്ങനെ ചെയ്തത് ഇസ്കരിയോത്ത യൂതയാണ് ഇസ്കരിയോത്ത യൂത നമ്മളെ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇസ്കരിയോത്ത യൂതയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ കണ്ട അതേ വാക്യം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കൊതികാലുയർത്തിയിരിക്കുന്നു എന്ന നാൽപ്പത്തൊന്നിലെ ഒൻപതാമത്തെ വാക്യം എടുത്ത് ഉദ്ധരിച്ചിട്ട് അവിടെ ഇസ്കരിയോത്ത യൂത യേശുവിനെ ഒറ്റി ശ്രമിക്കുന്നതും ഒറ്റക്കൊടുക്കുന്നതും യേശുവിന് നേരെ കൊതികാലുയർത്തുന്നതും ഒക്കെ തിരുവഴുത്തിന് നിവർത്തി വരാനായിട്ട് സംഭവിച്ചതാണ് എന്നവിടെ പറയുന്നുണ്ട് ഇസ്കരിയോത്ത യൂതായ സംബന്ധിച്ചിടത്തോളം അവനാരാണ് അവനെക്കുറിച്ച് ദൈവവചനത്തിൽ യോഹിനൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളവിടെ കാണുന്നത് പിശാജ് പിശാജ് തന്നെയാണ് അവൻ്റെ അവൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് തോന്നിച്ചത് എന്നെ കാണുന്നു പതിമൂന്നി ഇരുപത്തേഴിൽ നമ്മൾ കാണുന്നു സാത്താൻ അവനിൽ കടന്നു എന്ന് കാണുന്നു യോഹനാൻ ആറിൻ്റെ എഴുപത് എഴുപത്തൊന്ന് വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ യുസ്കരിയോത്ത യൂത ഒരു പിശാജ് ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് നമ്മളിപ്പോൾ ശത്രു എന്ന് പറഞ്ഞത് അതിന് പിശാജുമായി ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ ഈ കർത്താവിൻ്റെ ജീവിതവും യുസ്കരിയോത്ത യൂതയുടെ ജീവിതവുമായിട്ട് ചേർത്ത് കാണുമ്പോൾ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് പോകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളമോ നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അബ്ശാലോ അഹിദോഹയിലും ആയിരിക്കും കർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് നിസ്കരിയോത്ത യൂതായിലൂടെ നിറവേറി നമ്മെ സംബന്ധിച്ചോ നമുക്കെതിരെ ജയഘോഷം കൊള്ളാൻ ആഗ്രഹിക്കുന്ന ശത്രു ആരാണ് നമ്മുടെ ശത്രു ആരാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിക്കുണ്ടായി നമുക്ക് ഏർ കാണാവുന്ന ഒരു ശത്രു ഒരു ജഡരക്തത്തോട് നമുക്കൊരു ശത്രുത്വമില്ല നമുക്കാകെപ്പാടെ ഒരു ശത്രുവേ ഉള്ളൂ അത് നമ്മുടെ ആത്മാവിൻ്റെ പ്രതിയോഗിയായ പിശാജാണ് ആ അവനെ ആണ് നമ്മുടെ ശത്രുവെങ്കിൽ നമ്മളിവിടെ നാൽപ്പത്തൊന്നിൻ്റെ പതിനൊന്നിൽ വായിക്കുന്നത് എൻ്റെ ശത്രു അതായത് പിശാജ് എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ട് എന്ന് ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ എപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത നൽകുന്ന ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ചത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ട് കർത്താവ് നമ്മൾ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ ശത്രുവായ പിശാജ് നമ്മുടെ ജീവിതത്തെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരുന്നാൽ അല്ലെങ്കിൽ അവന് നമ്മളെക്കുറിച്ച് ജയഘോഷം കൊള്ളാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ നിഷേധിച്ചാൽ ദൈവത്തിനത് പ്രസാദകരമാണ് ഇതാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആട്ടെ നമ്മുടെ ശത്രുവായ പിശാജ് എങ്ങനെയാണ് ജയഘോഷം കൊള്ളുന്നത് നമ്മളെക്കുറിച്ച് അവൻ ജയഘോഷം കൊള്ളാനിടയാകുന്നത് അവന് നമ്മിൽ ഇടം കിട്ടുമ്പോഴാണ് അതുകൊണ്ടാണ് എഫ് എസ് എർ കൈതിയലേഖനം നാലാമധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പിശാജിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവന് ഇടം കിട്ടിയാൽ അവനിടം കിട്ടിയാൽ അവൻ്റെ മനോഭാവങ്ങളിലൂടെ അവൻ നമ്മിലേക്ക് വരും ഫലത്തിൽ അവൻ ജയിക്കും നമുക്കെതിരെ അവൻ ജയിക്കും ദൈവത്തിന് നമ്മിലുള്ള പ്രസാദം കുറയും അതുകൊണ്ട് ഈ വാക്യത്തെ നമ്മൾ ഗൗരവമായിട്ടെടുക്കുന്നു ദൈവത്തിന് എന്നിൽ എപ്പോഴും പ്രസാദമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മെ ചൊല്ലി നമ്മുടെ ശത്രുവായ പിശാജി ജയഘോഷം കൊള്ളുന്നത് നമ്മൾ ഒഴിവാക്കും പിശാജ് നമ്മെ ചൊല്ലി ജയഘോഷം കൊള്ളുന്നത് നമ്മൾ അവന് ഇടം കൊടുത്ത് അവൻ്റെ മനോഭാവങ്ങളെ നമ്മൾ പങ്കിടുമ്പോഴാണ് നമ്മൾ അവന് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ജയഘോഷം കൊള്ളാനായിട്ടുള്ള അവസരം കൊടുക്കുന്നത് വളരെ വേഗത്തിൽ പിശാജ് എന്നെഴുതിയ പിശാച്ച് എന്ന വാക്കും അതിനോട് ചേർത്ത് അവൻ്റെ മനോഭാവങ്ങളും ബൈബിളിലെ പുതിയ നിയമത്തിൽ ഏഴ് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം നമ്മളിവിടെ പറഞ്ഞത് എഫ് എ സിർ എഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് നാലിൻ്റെ ഇരുപത്തേഴിൽ അവിടെ പറയുന്നു പിശാചിന് ഇടം കൊടുക്കരുത് മലയാളത്തിൽ അതൊരു ഒറ്റപ്പെട്ട വാക്യമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു പുറകിലുള്ള ഇരുപത്തിയാറാമത്തെ വാക്യവുമായിട്ട് ചേർത്ത് ആൻഡ് എന്നൊരു ഘടകപദവും കൊണ്ട് അതിനെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എഫ് എ അതിൻ്റെ പുറകിലുള്ള എഫ് എസ് ആർ നാലിൻ്റെ ഇരുപത്തി ഏഴിൽ പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടു പുറകിലുള്ള ഇരുപത്താറാം വാക്യവുമായിട്ട് ആൻഡ് എന്നൊരു ഘടകപദവുമായിട്ട് ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ഇരുപത്താറിൽ പറയുന്ന ആ കാര്യം പിശാജിന് ഇടം കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഇരുപത്താറിലെന്താ പറയുന്നത് കോപത്തെക്കുറിച്ചാണ് പറയുന്നത് കോപം കോപിച്ച് അത് നമ്മുടേതായ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നാൽ ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കാം ബി ആൻക്രി എറ്റ് നോട്ട് സീൻ എന്നാണ് നമ്മൾ വായിക്കുന്നത് കർത്താവും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി കോപിച്ച രംഗങ്ങൾ നമുക്കറിയാം എന്നാൽ നമ്മുടേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ കോപിക്കുകയും അതുപോലെ അതിനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും ആ കോപവും കോപം പകയായിട്ട് കൊണ്ടു ഒക്കെ ചെയ്താൽ കയ്പായിട്ട് കൊണ്ടു ഒക്കെ ചെയ്താൽ നമ്മൾ അവിടെ പിശാചിന് ഇടം കൊടുക്കുന്നതാണ് എന്നാ വാക്യത്തോടെ ചേർത്ത് ചിന്തിക്കാം അവിടെ ആ പാരഗ്രാഫിൽ മുഴുവൻ നോക്കുക പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു മനോഭാവം പറയുന്നത് കോപമാണ് അതുപോലെ തന്നെ കയ്പാണ് ദൂഷണമാണ് അതുപോലെ ക്ഷമിക്കാത്ത മനോഭാവമാണ് ഇതെല്ലാം ആ നിലയിൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ പിശാജ് നമ്മുടെ മേൽ ജയഘോഷം കൊള്ളും ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ പത്തിലും പിശാചിൻ്റെ മക്കൾ ആരെന്നറിയാം സഹോദരനെ സ്നേഹിക്കാത്തവൻ സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കയ്പ്പിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ അതിനോട് ചേർന്ന് പോകുന്ന മനോഭാവമാണ് അപ്പം നമുക്ക് ഈ കാര്യങ്ങളെങ്ങനെ സംക്ഷേപിച്ച് പറയാം കോപം കയ്പ്പ് പക സഹോദരനെ സ്നേഹിക്കാത്തത് ക്ഷമിക്കാത്ത മനോഭാവം ഇതൊക്കെ പിശാജിന് ഇടം നൽകുന്ന കാര്യമാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ അത് പിശാജ് ശത്രു നമ്മുടെ മേൽ ജയഘോഷം കൊള്ളും കർത്താവിന് നമ്മെക്കുറിച്ച് അപ്പോൾ പ്രസാദമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ പിശാജിന് ശത്രുവിന് നമ്മുടെ മേൽ ജയഘോഷം കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ അവന് ഇടം കൊടുക്കുന്ന മറ്റൊരു കാര്യം ഒന്ന് പത്രവും സഞ്ചാരം അധ്യായം അതിൻ്റെ ആറ് എട്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പിശാചിനെ അലർന്ന സിംഹം എന്നത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ അലർന്ന സിംഹമായ പിശാജിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന അവൻ്റെ മനോഭാവങ്ങൾ എന്തൊക്കെയാണ് അഞ്ചിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെങ്കിലും അല്ലെങ്കിൽ അഞ്ചു മുതൽ അതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെങ്കിലും പിശാജിന് കൊടുക്കുന്ന മനോഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നു പറയുന്നത് കീഴടങ്ങാതെയുള്ള മത്സരമാണ് മത്സരത്തിൻ്റെ കാര്യമാണ് ദൈവത്തിന് യഥാർത്ഥത്തിൽ കീഴടങ്ങേണ്ടതിനെക്കുറിച്ച് ഒക്കെ പറയുന്നു മൂപ്പന്മാർക്ക് കീഴടങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു അങ്ങനെ കീഴടങ്ങുന്ന ആ ഒരു കാര്യം ദൈവത്തിന് പ്രസാദമാണ് എന്നാൽ കീഴടങ്ങാതെ മത്സരിക്കുമ്പോൾ അവിടെ പിശാചിന് ഒരിടം കിട്ടുന്നു അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ സകല ചിന്താഗുലോ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും എന്നുകൂടെ പറഞ്ഞിട്ടാണ് പിശാജിനെ അലർന്ന സുഖമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആശങ്കപ്പെടുന്നതും ആകുലചിന്തപ്പെടുന്നതും നമ്മൾ ഈയോവിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ ആവശ്യമില്ലാതെ ആകുലചിന്തപ്പെടുന്നതും ഒക്കെയും പിശാചിനെ ഒരള അളവിൽ അവനൊരു അവസരം കൊടുക്കുന്നതാണ് ശത്രുവിനെ നമ്മെ ചൊല്ലി ജയഘോഷം കൊള്ളാൻ ഇട കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ വായിച്ചത് കീഴടങ്ങാതെയുള്ള മത്സരം ആകുലചിന്ത ഇതൊക്കെയും പിശാജിന് ഇടം കൊടുക്കുന്ന കാര്യമാണ് യാക്കോബിൻ്റെ ലേഖനം നാലാമധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന് കീഴടങ്ങുക കീഴടങ്ങാതെ മത്സരിക്കേണ്ട കാര്യമില്ല ദൈവത്തിന് കീഴടങ്ങാത്തത് കൊണ്ടാണ് മറ്റ് നമ്മുടെ മേലാക്കി വെച്ചിട്ടുള്ള മറ്റധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങാതിരിക്കുന്നത് അതുകൊണ്ട് യാക്കോബ് നാലിൻ്റെ ഏഴിൽ പറയുന്നു ദൈവത്തിന് കീഴടങ്ങുകയും പിശാജിനോട് എതിർത്ത് നിൽപ്പേൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവൻ നമ്മുടെ മേൽ ജയഘോഷം കൊള്ളുകയില്ല പിശാചിൻ്റെ മറ്റൊരു മനോഭാവം നമുക്ക് ഒന്ന് തീമത്തിയോസ് മൂന്നിൻ്റെ ആറിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും പിശാചിന് വന്ന ന്യായവിധി ഒന്ന് തീമത്തിയോസ് മൂന്നിൻ്റെ ആറ് അതവിടെ പറയുന്നത് എന്താ നിഗളിച്ചിട്ട് പിശാജിന് വന്ന അപ്പോൾ നിഗളം പറയുന്നതും പിശാജിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ നിഗളത്തിലൂടെയും പിശാചിന് നമ്മുടെ മേലൊരു ഇടം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മേൽ ജയഘോഷം കൊള്ളാനിടയാകും പിശാചിൻ്റെ തുടക്കം തന്നെ അവൻ നികളത്തിലൂടെയാണ് ലൂസിഫറ് പിശാജായി തീർന്നത് എസ് ചെയ്യാവ് പതിനാലിലും എസ് കെൽ ഇരുപത്തെട്ടിലുമൊക്കെ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് നികളത്തിനെപ്പോഴും പിശാജുമായൊരു ബന്ധമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരശിശുശ്രൂഷാ കാലത്ത് ഒരിക്കലെ കർത്താവ് പത്രോസിനോട് സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെന്നോട് ചോദിച്ചു എന്ന് പത്രോസിനോട് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാമല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യമാണ് സാത്താൻ പത്രോസെ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതെന്ന് ചോദിച്ചു അതിൻ്റെ കാര്യമെന്താ അതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ആ പാരഗ്രാഫ് തുടങ്ങുന്ന ഇരുപത്തിനാലാമത്തെ വാക്യം അവിടെ ഞങ്ങളിൽ ആരാണ് ഒന്നാമൻ എന്നുള്ള മത്സരം നടക്കുന്ന ആ ഘട്ടത്തിലാണ് കർത്താവ് പറയുന്നത് സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റാനായിട്ട് എന്നോട് അനുമതി ചോദിച്ചു എന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ ഈ പത്രോസും ഈ യാക്കോബും യോഹനാനും ഒക്കെ ഇടങ്ങുന്ന പന്ത്രണ്ട് പേരുള്ള ആ ശിഷ്യന്മാരുടെ സംഘത്തിൽ ഒരു മത്സരം വന്നു ഞങ്ങളിൽ ആരാണ് ഒന്നാമനാകേണ്ടത് ഞാനാണ് ഒന്നാമനാകേണ്ടതെന്ന് പത്രോസ് മറ്റൊരാൾ പറയുന്നു അതല്ല ഞാനാണ് അങ്ങനെ വരുന്നത് നികളത്തിലാണ് അതിൻ്റെ തുടക്കം അപ്പം നികളം വന്നപ്പം സാത്താൻ അവരെ കോതമ്പ് പോലെ പാറ്റുന്നു അപ്പം നമ്മൾ ഇതേ വരെ പറഞ്ഞത് കോപം കയ്പ്പ് പക ക്ഷമിക്കാത്ത മനോഭാവം എഫ് നാലാമധ്യായം ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തേഴ് വാക്യത്തോട് ചേർത്ത് നമ്മൾ ആ കാര്യം കണ്ടു അതുപോലെ കീഴടങ്ങാത്ത മത്സരിക്കുന്നതും ആകുല ചിന്തയും അത് ഒന്ന് പത്ര ദോസ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ നികളത്തെക്കുറിച്ച് വായിച്ചു നികളം ഒന്ന് തീമത്തി ഓസ് മൂന്നിൻ്റെ ആറിൽ പിശാജിനോട് ചേർത്ത് അത് പറഞ്ഞിരിക്കുന്നു ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തൊന്നിലും ഇരുപത്തിനാലിലും അത് സാത്താനോട് ചേർത്ത് നികളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവർ അപ്പോസ്തല പ്രവർത്തി അഞ്ചിൻ്റെ നമുക്ക് പിശാജിന് ഇടം കൊടുക്കുന്ന മറ്റൊരു ഭാഗത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയും അപ്പോസ്തല പ്രവർത്തി അഞ്ചാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവിടെ അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യമാണ് നമ്മൾ കാണുന്നത് അനന്യാസും സഫീറയും അവർ അവരവരുടെ സ്ഥലം വിറ്റെങ്കിലും അനന്യാസും സഫീറയും അതിൻ്റെ വിലയിൽ കുറേ എടുത്തു വെച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന അപ്പോസ്റ്റലന്മാരുടെ കാക്കൽ വെച്ചു അപ്പോൾ പത്രോസ് അഞ്ചിൻ്റെ മൂന്ന് അപ്പോസ്ലെ പ്രവർത്തി അഞ്ചിൻ്റെ മൂന്ന് അപ്പോൾ പത്രോസ് അനന്യാസി പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതുണ്ട് അപ്പോൾ വ്യാജം കാണിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നതിലൂടെ വ്യാജത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ഹൃദയത്തെ കൈവശമാക്കാൻ സാത്താന് കഴിയും എന്നാണ് ആ പുസ്ലപ്പെടുത്തിയ അഞ്ചിൻ്റെ മൂന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കണ്ടോ പിശാജിന് ഇടം കൊടുക്കുന്ന മറ്റൊരു രംഗം നമ്മളിവിടെ സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് കൈവശമാക്കിയത് എന്നവിടെ പറയുന്ന ആ കൈവശം എന്ന അതേ പ്രയോഗം തന്നെയാണ് എഫ് എ സിർ അഞ്ചിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവിൻ ബി ഫീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവിൻ എന്ന് പറയുന്ന ആ വാക്കും ഗ്രീക്കിൽ മൂലഭാഷയിൽ അതേ പ്രയോഗമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടു കേട്ടിട്ടുള്ളത് എന്നു വച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവിൻ നിറഞ്ഞവരാകുമെന്ന് പറയുന്ന ആ വാക്ക് തന്നെയാണ് ഇവിടെ സാത്താൻ നിൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയത് നിറഞ്ഞവരാകുവിൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് ഈ രണ്ടിടത്തും മൂലഭാഷയിൽ ഒരേ വാക്കാണ് വന്നിരിക്കുന്നത് അപ്പം പരിശുദ്ധാത്മാവ് ഒരാളുടെ ഹൃദയത്തെ നിറയ്ക്കുന്നത് പോലെ കാപട്യം കാണിപ്പാനായിട്ട് ഇവിടെ സാത്താൻ നിൻ്റെ ഹൃദയത്തെ എങ്ങനെ നിറച്ചു നീ എന്തിനനുവദിച്ചു എന്നാണ് പത്രോസ ചോദിക്കുന്നത് ഇവിടെ കണ്ടോ വേണമെങ്കിൽ പിശാജി പ്രലോഭനം കൊണ്ടുവന്നപ്പം അങ്ങനെ തൻ്റെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കാതിരിക്കാനായിട്ട് അതിനോട് നോ പറയാൻ പറ്റില്ല സത്താനെ നീ പുറത്തു പോകും എന്ന് പറയാനുള്ള ആ നിലയിൽ അനന്യാസിനും സഫീറയ്ക്കും അവസരമുണ്ടായിരുന്നു അവർ ആ അവസരം എടുക്കാതെ പിശാജിന് ഇടം കൊടുത്തത് കൊണ്ടാണ് അവരുടെ ഹൃദയത്തെ ഇങ്ങനെ കൈവശമാക്കിയതും വ്യാജം കാണിക്കാനിടയായതും പി ശത്രു അവരെ ചൊല്ലി ജയഘോഷം കൊള്ളാനിടയാക്കിയതും എന്ന് കാണാൻ കഴിയും നമുക്ക് മറ്റൊരു വാക്യം നോക്കാം ഒന്ന് യോഹ ഞാൻ രണ്ടാമധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ലോകസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ പറയുമ്പോൾ ലോകസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പം അവിടെ ദുഷ്ടനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ദുഷ്ടനോട് ചേർത്ത് പറഞ്ഞിട്ടാണ് ലോകസ്നേഹത്തെക്കുറിച്ചും ഒക്കെ യോഹനാൻ ഒന്ന് യോഹനാൻ അതിൻ്റെ രണ്ടാമധ്യായത്തിൽ പ്രശസ്തമായ വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാനും പതിനാല് മുതലുള്ള വാക്യം ദുഷ്ടനെ ജയിച്ചിരിക്കെയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹമില്ല ജഡമോഹം കൺമോഹൻ ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിച്ചിരിക്കുന്നു അപ്പോൾ രണ്ടിൻ്റെ ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പിശാജെന്നോ സാത്താനെന്നോ ഒരൊറ്റ വാക്കല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് ദുഷ്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടൻ എന്ന് പറയുന്നത് സാത്താനെ ഉദ്ദേശിച്ച യോഹന്നാൻ മൂന്നിൻ്റെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കും സാത്താനെ ജയിച്ചിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യോഹന്നാൻ അഞ്ചിൻ്റെ കൈൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി കയ്യൻ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പന്ത്രണ്ട് മൂന്നിൻ്റെ പന്ത്രണ്ട് ആ ഭാഗങ്ങളെ നമ്മൾ ഒന്ന് യോഹന്നാൻ അതിൻ്റെ മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി അത് പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അഞ്ചിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു അപ്പോൾ ദുഷ്ടൻ ദുഷ്ടൻ എന്നാവർത്തിക്കുമ്പോൾ അത് പിശാചിനെയാണ് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ച ഒന്നിയോഹന് രണ്ടിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യത്തിൽ ദുഷ്ടനെ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ജഡമോഹം കണ്മോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതെല്ലാം പിശാചിൽ നിന്നുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ലോകസ്നേഹവും പിശാജിന് ഇടം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് പിശാജ് ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളോട് ചേർത്തിരിക്കുന്ന മനോ ചേർത്ത് പറഞ്ഞിരിക്കുന്ന മനോഭാവങ്ങള് സത്യത്തിൽ പിശാജിന് ഇടം കിട്ടുന്നതാണ് നമ്മളെ ചൊല്ലി ശത്രു ജയഘോഷം കൊള്ളാനിടയാക്കുന്ന മനോഭാവങ്ങളാണ് എന്നാണല്ലോ ചിന്തിച്ചു വന്നത് നമുക്ക് തുടർന്ന് രണ്ട് കാര്യങ്ങളൂടെ നോക്കാം പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ശത്രുവിനെ നമ്മുടെ മേൽ ജയഘോഷം കൊള്ളാനിടയാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് എഫ് എ സി ആർ നാലാമധ്യായത്തിൻ്റെ വാക്യം പിശാചിന് ഇടം കൊടുക്കരുത് എന്നതിനോട് ചേർത്ത് കോപം കയ്പ്പ് പക ക്ഷമിക്കാത്ത മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞു ഒന്ന് പത്രവും സഞ്ചിൻ്റെ ആറ് മുതൽ എട്ട് വരെ ഉള്ളിടത്തും പിശാജ് എന്ന വാക്ക് നമ്മൾ കാണുന്നു അതിനോട് ചേർത്ത് നമ്മൾ കാണുന്നത് കീഴടങ്ങാത്ത മത്സരം ആകുലചിന്ത ഇതൊക്കെ പിശാചിനിടം നൽകുന്ന കാര്യങ്ങളാണ് മൂന്നാമത് ഒന്ന് തീമത്തിയോസ് മൂന്നിൻ്റെ ആറില് പിശാചിന് വന്ന നികളം മൂലം വന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ നികളവും കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തൊന്നിൽ സാത്താൻ അവരെ കോതമ്പ് പോലെ പാറ്റാനായിട്ട് നികളം ഉപയോഗിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഭാഗവും ചിന്തിച്ചു അത് അനന്യാസു സഫീറേയും വ്യാജം കാണിച്ച കാര്യം അപ്പോൾ ചില പ്രവൃത്തി അഞ്ചിൻ്റെ മൂന്നിൽ നിന്ന് വ്യാജം കാണിപ്പാൻ സാത്താൻ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത് അതുപോലെ ഒന്നിയോഹനെ രണ്ടിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ അവിടെ പിശാചിനെ ദുഷ്ടനെന്ന് പറഞ്ഞ് പരാമർശിച്ചിട്ട് പറയുന്നു ലോകസ്നേഹം അവന് ഇടം കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ആറാമതായിട്ട് മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇത് വളരെ പ്രശസ്തമായ വാക്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ ഏതെങ്കിലും ഒരു ശിഷ്യനോട് പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും ശാസനാസ്വരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ് മത്ത എഴുതിയ സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ എന്താ ചെയ്യുന്നത് പത്രോസിനോട് പറഞ്ഞിരിക്കുന്നു പത്രോസിനോട് പറയുന്നു സാത്താനെ എന്നെ വിട്ടു എന്ന് കർത്താവ് പറഞ്ഞു എന്താ അവിടെ സാത്താനെ എന്നെ വിട്ടു എന്ന് പത്രോസിനോട് പറയാനുള്ള കാര്യം നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം പത്രോസ് വന്ന് കർത്താവിനോട് കർത്താവേ നിനക്ക് ആ ക്രൂശിമരണം എന്ന് പറയുന്ന ഭാഗത്താണ് ഇരുപത്തി വാക്യത്തിൽ സാത്താനെ എന്നെ വിട്ടു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് കരുതുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ എന്താ പത്രോസിൻ്റെ മനോഭാവം എന്താ പത്രോസിൻ്റെ മനോഭാവം ദൈവീകമല്ലാത്ത ഒരു സഹതാപമാണ് അല്ലെങ്കിൽ ക്രൂശ് എടുക്കാനുള്ള ഒരു മടിയാണ് അതിൻ്റെ തൊട്ട് താഴെ കർത്താവ് ഉടനെ തന്നെ ഒരുത്തന പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഇരുപത്തിനാലാം വാക്യം അതിനെ തുടർന്ന് ക്രൂശ് പറയുന്നത് അപ്പോൾ ഇവിടെ പത്രോസിനുള്ള പ്രശ്നം കഷ്ടം സഹിക്കാനുള്ള മടി ക്രൂശെടുക്കാനുള്ള മടി ദൈവീകമല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു സ്വയസഹതാപത്തിൽ നോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ മനുഷ്യനുള്ളത് കർത്താവോടെ പറയുന്നല്ലോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രയേ കരുതുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നീ കാര്യങ്ങളെ കാണാതെ ക്രൂശിനെ ഒഴിഞ്ഞു പോകുന്ന കഷ്ടത്തെ ഒഴിഞ്ഞു പോകുന്ന സ്വയസഹതാപത്തിലെ മുഴുകുന്ന മനോഭാവങ്ങൾ സാത്താൻ ഇടം കൊടുക്കുന്നതാണ് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ മനോഭാവം എന്ന് കാണാൻ കഴിയും അതുപോലെ ഏഴാമതൊരു വാക്യം കൂടെ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ചിന്തിക്കാം രണ്ട് തീമത്യോസ് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ രണ്ട് തീമത്യോസ് രണ്ടിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ പിശാചിനാൽ പിടിവിട്ട പിശാചെന്നുള്ള വാക്കവിടെയും വരുന്നുണ്ട് പിശാചിനാൽ പിടിവിട്ടെന്താ സംഭവിക്കുന്നത് ഷയിടുക ശണ്ടയിടുക കണ്ടോ നേരത്തെ പറഞ്ഞ ക്രൂശെടുക്കാനുള്ള മടിയും ലോകസ്നേഹവും വ്യാജം കാണിക്കുന്ന ആ മനോഭാവവും നികളവും കീഴടങ്ങാത്ത മത്സരവും ആകുലചിന്തയും ഒക്കെ മനസ്സിൽ സംഭവിക്കുന്നതാണെങ്കിൽ ഇതാ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആ പകയും പിണക്കവും ഒക്കെ ഷണ്ടയിലേക്ക് ഷണ്ടയിലേക്ക് കൊണ്ടുവരുന്നു തുറന്ന പോരാട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു അതിനെ പൗലോസപ്പുസ്തലെന്താ പറയുന്നത് പിശാചിനാൽ പിടിപെട്ടതുകൊണ്ടാണ് പിശാചിന് ഇടം കൊടുത്തത് കൊണ്ടാണ് ആ ശണ്ടിട്ടാൽ അതിൽ നിന്ന് ജയഘോഷം കൊള്ളുന്നത് ശത്രുവാണ് പിശാജാണ് അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ നിന്നും മാറി നിൽക്കണം ഈ പിശാചിന് ഇടം കൊടുക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മുടെ ശത്രുവിന് ജയഘോഷം കൊടുക്കാൻ ജയഘോഷം കൊള്ളാനുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രസാദം വരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് അതുകൊണ്ട് ശണ്ടയിടുക അത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഒരു ഒരു വലിയ വഴക്കിലേക്ക് നമുക്ക് പോകാനായിട്ട് ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല നമ്മൾ പലപ്പോഴും ഒരു പ്രയോഗം ഇങ്ങനെ പറയാറുണ്ടല്ലോ സത്യത്തിന് വേണ്ടി അവർ പിശാചുക്കളെപ്പോലെ പോരാടി അവർ പോരാടിയത് എന്തിനാണ് സത്യത്തിന് വേണ്ടിയാണ് നമ്മളും ചില സത്യങ്ങൾക്ക് നിൽക്കുന്നത് പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തോ ചുറ്റുപാടുകളിലോ നമ്മൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി പിശാചുക്കളെപ്പോലെ പോരാടി ഒരു ശണ്ടയിലേക്ക് പോയാൽ അവിടെ ജയഘോഷം കൊള്ളുന്നത് നമ്മുടെ ശത്രുവായിരിക്കും അതുകൊണ്ട് ആ കാര്യത്തിന് നമ്മൾ ഇടം കൊടുക്കരുത് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞത് നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിലെ യൂതായെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു വാക്യത്തോട് ചേർത്ത് നമ്മൾ പിശാജിനെക്കുറിച്ചും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പിശാജിന് ഇടം കൊടുക്കാതിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണല്ലോ പറഞ്ഞത് ഇടം കൊടുക്കരുത് പിശാജിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ആ വാക്യം ഒരളവിൽ നമുക്കൊരു പ്രത്യാശ നൽകുന്ന വാക്യം കൂട അതെന്താ നമ്മൾ വിചാരിച്ചാൽ ഇടം കൊടുക്കാതിരിക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ ഇടം കൊടുക്കാതിരിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഏതെൻ തോട്ടത്തിൽ പിശാജ് വന്ന് ഹവ്വായെ പ്രലോഭിപ്പിച്ചു പക്ഷേ ഇത് ഇത് കാണുവാൻ ഇത് രുചിക്ക് നല്ലതാണ് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പിശാജ് പ്രലോഹിപ്പിച്ചപ്പോൾ ഹൗവ അതിനോട് പറയുകയാണ് നോ പറ്റുകയില്ല അവന് കൊടുക്കാതെ ഇരുന്നിരുന്നെങ്കിൽ പിശാജ് ഉടനെ ആ പഴം പറച്ച് ഹവായയുടെ ഹവായെ ബലമായിട്ട് അത് തീറ്റിക്കുമെന്ന് തീറ്റിക്കുകയില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇടം കൊടുക്കാതിരുന്നാൽ പിശാജ് ഈ മനോഭാവങ്ങളൊന്നും നമ്മൾ അടിച്ചേൽപ്പിക്കുകയില്ല ഇടം കൊടുത്താലാണ് അവൻ ജയഘോഷം കൊള്ളുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കാം നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ എന്താണ് നമ്മൾ ചിന്തിച്ചത് പുതിയ നിയമത്തിൽ നിന്ന് പിശാജ് എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന നിഷേധാത്മകമായ ചിന്തകളെ അവനിടം കിട്ടുന്ന സ്ഥലങ്ങളാണ് അവൻ ജയഘോഷം കൊള്ളുന്ന ഇടങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് യോഹനാൻ പത്തിൻ്റെ പത്തിൽ പറയുന്നു അവനെന്താ ഈ ശത്രു എപ്പോഴും അവനറുപ്പാനും മുടിപ്പാനുമാണ് വരുന്നത് അറുപ്പാനും മുടിപ്പാനും ആണ് ശത്രു വരുന്നത് അവനിടം കൊടുത്താൽ അത് അവൻ അറുത്ത് മുടിച്ച് നശിപ്പിക്കും അതേസമയം തന്നെ യോഹന്നാൻ പത്തിൻ്റെ പത്തിൽ അതേ വാക്യത്തിൽ തന്നെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ ജീവൻ നൽകും സമൃദ്ധിയായ ജീവൻ നൽകും നമുക്ക് കർത്താവിൽ നിന്നുള്ള ജീവനും സമൃദ്ധമായ ജീവനുമാണ് വേണ്ടത് അതുകൊണ്ട് കർത്താവിനാണ് നമ്മൾ ഇടം കൊടുക്കേണ്ടത് പിശാചിന് ഇടം കൊടുത്താൽ അവൻ അറുപ്പാനും മുടിപ്പാനുമാണ് വരുന്നത് ദൈവത്തിന് തമ്മിൽ പ്രസാദമില്ലാതെ പോകും അതുകൊണ്ട് അവൻ ഇടം കൊടുക്കരുത് ഈ കാര്യങ്ങൾ നമ്മളെ പുതിയ നിയമത്തിൽ നിന്ന് വേഗത്തിലേഴ് വാക്യങ്ങൾ എടുത്ത് ചിന്തിച്ചു എന്നുള്ളതേയുള്ളൂ മറ്റ് പല വാക്യങ്ങളും പഴയ നിയമത്തിൽ നിന്നും നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാം പക്ഷേ സമയ ചുരുക്കത്താൽ നമ്മളതിലേക്കൊന്നും പോകുന്നില്ല നമ്മളപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം എഫ് എ സിർ കെഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴിന് വാക്യത്തോട് ആ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് കയ്പ്പ് കോപം പകക്ഷമിക്കാത്ത മനോഭാവം ഇതൊക്കെ ഉണ്ടെങ്കിൽ ശത്രു നമ്മുടെ മേൽ ജയഘോഷം കൊള്ളും അതുപോലെ ഒന്ന് പത്ര ദിവസഞ്ചിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും പിശാചിനെ അലർന്ന സിംഹം എന്ന് വിളിച്ചിരിക്കുന്നതിനോട് ചേർത്ത് നമ്മൾ പറഞ്ഞു കീഴടങ്ങാത്ത മത്സരത്തെയും ആഗോല അതിനോട് ചേർത്ത് അവിടെ വിവരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിശാചിന് നമ്മൾ ഇടം കൊടുക്കുന്നു ഒന്ന് തീമത്തി ദിവസ് മൂന്നിൻ്റെ ആറിൽ നികളത്തോട് ചേർത്ത് പിശാചിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ നികളത്തിൻ്റെ സാഹചര്യങ്ങളെ ആ മനോഭാവങ്ങളെ നമ്മൾ നിഷേധിക്കണം അവനിടം കൊടുക്കരുത് അപ്പോസിലപ്പർവത്തി അഞ്ചിൻ്റെ മൂന്നിൽ വ്യാജം കാണിക്കുന്നതിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് സാത്താൻ ഹൃദയം കൈവശമാക്കിയെന്ന് അതുകൊണ്ട് വ്യാജം കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം ഒന്ന് യോഹന്ന രണ്ടിൻ്റെ പതിനാല് പതിനാറിൽ ലോകസ്നേഹം ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ദുഷ്ടനെക്കുറിച്ച് പിശാചിനെക്കുറിച്ച് പരാമർശിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ലോകസ്നേഹം കണ്മോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ കാര്യങ്ങളൊക്കെയും അത് നമുക്കറിയാം ആ കാര്യങ്ങളുടെ മേൽ നമ്മൾ ഒരു ഇടം പിശാചിന് കൊടുക്കരുത് മത്തായി എഴുതിയ സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ ക്രൂശ് മടി കഷ്ട സഹിക്കാനുള്ള മടി ദൈവത്തിനുള്ളതിനേക്കാൾ മനുഷ്യനുള്ളതിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം സ്വയസഹതാപത്തിൽ അഭിരമിക്കാനായിട്ടുള്ള താല്പര്യം ഇതൊക്കെയും പിശാചിന് ഇടം കൊടുക്കുന്നതാണ് ശത്രുവിന് ജയഘോഷം കൊള്ളാൻ ഇടം നൽകുന്നതാണ് ഒടുവിലായിട്ട് രണ്ട് തീമത്തി ദിവസം രണ്ടിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പിശാജിനാൽ പിടിപെട്ട ശണ്ട ഇടുക എന്ന് വായിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ശണ്ടകളുമൊക്കെയും അതും പിശാജിൻ്റെ പ്രവൃത്തിയാണ് അവന് കൊടുക്കുന്നതാണ് അവന് ജയഘോഷം കൊള്ളാനിടയാക്കുന്നതാണ് നമുക്ക് നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിലേക്ക് വീണ്ടും വരാം ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുന്നത് ബൈ ദിസ് ഐ നോ ദാറ്റ് യു ആർ പ്ലീസ്ഡ് വിത്ത് മീ നീ എനക്ക് എന്നോട് പ്രസാദമായിരിക്കുന്നത് എനിക്ക് ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു കാര്യം എന്താണ് ബിക്കോസ് മൈ എനിമി ഡസ് നോട്ട് ഷൗട്ട് ഇൻ ട്രൈ ഫോർ മീ എൻ്റെ ശത്രു എന്നെ ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നമുക്ക് അവന് ജയഘോഷം കൊള്ളാവുന്ന മനോഭാവങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം നമുക്ക് പിശാചിന് ഇടം കൊടുക്കാതിരിക്കാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം ഇതൊക്കെയും ഈ നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ തുടർന്നും നമുക്ക് ഈ കാര്യങ്ങളെ ശോധന ചെയ്യാം ദൈവം സഹായിക്കട്ടെ